അവൻ നിങ്ങളെ ഒരൊറ്റ ആത്മാവിൽ നിന്ന് സൃഷ്ടിച്ചു പിന്നീടതിൽ നിന്ന് അതിന്റെ ഇണയുണ്ടാക്കി കന്നുകാലികളിൽ നിന്ന് എട്ട് ജോഡികളെ അവൻ നിങ്ങൾക്കു നൽകി മൂന്ന് ഇരുട്ടുകളിൽ സൃഷ്ടിക്കു ശേഷം സൃഷ്ടിയായി നിങ്ങളുടെ മാതാക്കളുടെ ഗർഭപാത്രങ്ങളിൽ അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു അവനാകുന്നു നിങ്ങളെ രക്ഷിതാവായ അള്ളാഹു സുബഹാനുഹൂവത്ത ആല ആധിപത്യം അവന്നാണ് അവനല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്നിട്ടും നിങ്ങളെങ്ങനെയാണ് വഴിതിരിച്ചുവിടപ്പെടുന്നത്